ധികാരത്തിനേശ്വരാ കർമ്മഗ്രഹേരുമാരെ സംഘസ്ഥാന കർമ്മവിശേഷ സംബന്ധിതയായി കർമ്മി നിത്യസത്വ മോക്ഷോഭോതി കർമ്മമാത്രേ അധികാര സംബന്ധിതത്തിലെ അധികാരി ഫലത്തിലെ അധികാരങ്ങൾ കർമ്മ അധികാരം സങ്കരാചാര്യ വ്യാഖ്യാനിച്ചതുപോലെ കർമ്മത്തിലെ അധികാരമുള്ള ജ്ഞാനത്തിലെ അധികാരങ്ങൾ അങ്ങനെ ഒരു കാര്യം ഈ സുഖം പറയുകയാണ് മാനുജാചാര്യം കർമ്മത്തിന്റെ അധികാരി ജ്ഞാനത്തിന്റെ അധികാരി ഒക്കെ വേർതിരിച്ച് പറയും അതൊക്കെ ശ്ലോകത്തിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട് ആരക്ഷ സാധനം ഇത് ഞാനെന്താണോ ആഗ്രഹിക്കുന്നത് അതിനുപായമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ വരുന്ന വിധം അമ്മ കർത്തവ്യം എന്ന് വരുന്ന അഭിമാനം നേരത്തെ പറയും അധികാരം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരഭിമാനം ആണ് അധികാരം പക്ഷേ അങ്ങനെയൊരു അഭിമാനം ഇതമ്മ മതപുരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്ന സ്വർഗങ്ങൾ അതിൻ്റെ ഈ കർമ്മം അതുകൊണ്ട് ഇതെൻ്റെ കർത്തവ്യമാണെന്നുള്ള അഭിമാനമാണ് അധികാരം പക്ഷേ അങ്ങനെ എന്ന് പറയുമ്പോഴും ഇവിടെ രാമാരുണാചാര്യ ശങ്കരാചാര്യെല്ലാം പറയുന്നത് ആ അധികാരം നിശ്ചയിക്കുന്നതിന് അവന്റെ ജാതി ഇവിടെ പരി അധികാരമെന്ന് പറയുന്നത് അതിന്റെ നിർവചനമനുസരിച്ച് ഇങ്ങനെയാണെങ്കിൽ അതിനവൻ അവകാശമാകുന്നതെന്ന് അവന്റെ ജാതി കൊടക്കരുത് എന്നാണ് ചാര്യ മതം പിന്നെ സ്ത്രീകൾക്ക് അറിയാൻ വേദിക്കറിയാലും സ്ത്രീകൾക്ക് അധികാരം കർത്തവ്യ ബോധമാണ് മറ്റൊന്ന് സാമൂഹ്യ ഉന്നത്ത് സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി വരുന്ന ഒന്നാണ് രണ്ടും കൂടെ ചെയ്യും നിത്യം നേമേജ് കേനജിത് ഫല വിശേഷം അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും ഫലവിശേഷണു യഥത്തിവാക് സ്വപേണേവത്പന്നുമേ സ്വർഗാഫലേ മോക്ഷാധി മോക്ഷാഫലവിശേഷ സമ്പന്ധിതയാ ഇപ്പൊ പറയുന്ന മൂന്ന കാര്യങ്ങൾ മീമാംസയുടെ ന്യായങ്ങളും മീമാംസയുടെ നിയമങ്ങളും അനുസരിച്ചാണ് ഇവരെല്ലാരും ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട എല്ലാ ആയാലും എന്നാ ഒരു കാലത്തിലാണ് ഈ ഗീതയൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ഇത് വേദവുമായി ബന്ധപ്പെടുത്തി പറയുക വേദം വേദത്തെ മീമാംസെന്നാൽ അവരുടെ വിചാരത്തിനുവേണ്ടി അഞ്ചായിട്ട് തിരിച്ചു വിധി മന്ത്രം നാമധേയം നിഷേധം അർത്ഥവ മൊത്തം വേദത്തെ അഞ്ചായിട്ട് പിടിച്ചിട്ട് ഇതിൽ നിന്നും കൊണ്ടാണ് ചർച്ച ചെയ്യുക അതിന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിധിയെ കുറിച്ചാണ് വേദത്തിന്റെ വിധിയാണ് അതനുസരിച്ച് ബോധിപ്പിക്കാൻ വേദത്തിന്റെ വിധി അധികാരികൾ ചെയ്യാവും എങ്ങനെ ചെയ്യാവുന്ന പാടേണ്ട ഏറ്റവും കൂടുതൽ ഇത് ചർച്ച ചെയ്ത് വിധിയെ ഉത്പത്തി വിധി വിനിയോഗവിധി അധികാരവിധി പ്രയോഗവിധി ഇങ്ങനെ നാലായിട്ട് അതിൻ്റെ കൂടെ പറയുന്നത് എന്താണ് ഉത്പത്തിവാക്യ വിധി ഉത്പത്തി വിധികളെ ആ വിഷയം ചർച്ച ചെയ്തതിനനുസരിച്ചൂടെ അത് ചൊരിക്ക പറഞ്ഞു കർമ്മ സ്വരൂപ മാത്ര ബോധഭോമി ഉൽപ്പത്തി കർമ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വിധിയാണ് ഉപത്തി ഉദാഹരണം അഗ്നിഹോത്രി ബോധി അഞ്ഞൂ അർത്ഥം പറയുകയും അഗ്നിഹോത്ര ഹോമിയുടെ ഇഷ്ടം ഭവ്രഹോത്ര ഹോമത്തിലൂടെ ഇഷ്ടത്തെ സാധിക്കും അപ്പോ അവിടെ എങ്ങനെയാണെങ്കിലും ഒരു അർത്ഥമൊക്കെ എടുക്കുന്ന കാരണം അതേ പ്രേമത്തിൽ തന്നെ വയലും അഗ്നിഹോത്രം ലഭൂമിയ സ്വർഗതാമ സ്വർഗത്തെ താമരിക്കുന്നവൻ വേറെ വാക്യവും അഗ്നിഹോത്രമാണ് ചെയ്യുന്നവർ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയും അംഗോത്രമൂന്നും ഇഷ്ടം സ്വർഗം ഭാഗം ഉത്പത്തിവാക്യങ്ങളിൽ നിന്ന് കർമ്മം എന്താണെന്നും ആ പ്രകടനത്തിലെ മറ്റു വാക്യങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ എന്താണ് ഫലമെന്ന് അക്കാര്യങ്ങളുടെ പറയും ഈ മാംസ ചർച്ചയിൽ വിഷയം ചിരിക്കും പറയുന്നത് യഥാ ഉത്പത്തിവാക്യ സ്വരൂപേണയോ ഉത്പന്ന ഉപത്തിവാക്യ കർമ്മസ്വരൂപമേ മനുഷ്യാവും അഗ്നിഹോത്രം ജഹൂയാ കർമ്മ അഗ്നിഹോത്രമാണ് കാമാധികാരെ സ്വർഗാധിപരവിശേഷണ സംബന്ധിതയാ അവിടെ തന്നെ അഗ്നിഹോത്രം ജഹൂയ സ്വർഗ കാമ കാമാധികാരമാണ് കാമ്യകർമ്മങ്ങൾ അതിന്റെ ഫലം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ് കാമാധികാരം അവിടെ സ്വർഗാദ ഫലവിശേഷനെ സംബന്ധിച്ച് യാചിക്കുന്നു ഇപ്പോൾ അത് ഈ അഗ്നിമാത്രത്തിന് സർഗോനപരമായിട്ട് ബന്ധമുണ്ട് അവിടെ പറയുന്നു അങ്ങനെ പറയുന്നത് സ്വർഗാഗം ഫലം വിഷയത്തിന്ത്രം വിഭൂതി എന്നുള്ളൊരു വാക്യം വിഭൂതി എന്ന് പറയുന്നത് വേദത്തില് ലേട്ടാണ് ലോകത്തിലത് ലട്ടാണ് വേദത്തിൽ ലേട്ടാണ് അവിടെ തന്നെ ആ ക്രമത്തിൽ മനസ്സിലാവും സർഗാദി ഫലമാണോ അതിനു മോദത്തിന്റെ ഫലം സ്വർണ്ണമാണ് ഇതെല്ലാം അവിടെ നിന്ന് കിട്ടും ഇങ്ങനെ കർമ്മങ്ങളെ സംബന്ധിച്ചും ഫലങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു വൈദിക ചിന്ത അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഭീനയെ വ്യാഖ്യാനിക്കുന്നത് അടുത്ത് തുടങ്ങുമ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കർമ്മങ്ങളെക്കുറിച്ച് ഒരു പ്രധാനമായും അർത്ഥിക്കുന്നത് പ്രജാശ്രഷ പരോപാല പ്രജാപതിഷമോത്തിഷ്ടമേവാൻ ഭാവയേതേനാ ഭാവയത്ത പരസ്പരം ഭാവയെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു മുഴുവൻ ഈ വൈദിക പശ്ചാത്തലത്തിലുള്ള കർമ്മവും അതിൻ്റെ ഫലവും മറ്റുമാണ് അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ പറയുന്നത് അല്ലാതെ കർമ്മം എന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷമാണ് എന്തൊക്കെ പറഞ്ഞ് ഗീത വേഖ്യാനികൾ അബദ്ധം എന്ന് മാത്രമല്ല പരമാബദ്ധമാണ് അങ്ങനെയുള്ള ഒരു അർത്ഥം ഗീതയിൽ നിന്നും ഒരിക്കലും കിട്ടത്തില്ല അതിന്റെ പശ്ചാത്തലം അതല്ല അവിടെ തന്നെ പറയും മനസ്സിന്റെ സമത്വത്തെ അത് മറ്റൊരു തന്നെ മനസ്സത്തിന്റെ സമത്വം എവിടെയാ വരെയല്ലോ അത് ഓരോ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് ഓരോരുത്തർക്കും മിജിക്കപ്പെടുക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് വർണ്ണികൾക്കും ആശങ്കകൾക്കും വേണ്ടി ഭാഷകാരം ചിന്തരം പറയുന്നു അപ്പൊ വർണ്ണികൾക്കും ആശങ്കകൾക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നു അല്ലാതെ മനസ്സിന്റെ യുദ്ധമാണ് ഇതൊന്നും ഇന്ന് മതപ്രഭാഷണം രീതിയിൽ ഇല്ലെങ്കിൽ അതൊക്കെ പറയുന്നുണ്ട് ഗുണമുണ്ടെങ്കിൽ പറയണം പക്ഷെ അതിനെ ഇവിടെ ആയിട്ടുള്ള ഒരു ബന്ധമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ വായിക്കുന്നത് അതുകൊണ്ട് കർമ്മം എന്ന് പറഞ്ഞാൽ നിത്യവും നൈമിത്യവും പ്രധാനമായിട്ട് ഗീതയിൽ പരാമർശിക്കുന്ന ശാരീരിക ചേഷ്ടകൾ അതിനെടുക്കാം അതെങ്കിലും പറയുന്നു പക്ഷെ അതിന് മുഖ്യമായ അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളിൽ ശൂര്യമാണ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം എല്ലാം വേദത്തിന് സ്മൃതികളും കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് നിത്യസത്വസംക്ഷഭൂക്തി കർമ്മം മാത്രേ അധികാര കർമ്മത്തിൽ മാത്രമേ നിർവധികാര ഫലത്തിലധികാരമില്ല ഫലത്തിലധികാരബോധം മരത്തിൽ എന്തുകൊണ്ടാണ് മതഅിലിത സാധനത്വ എന്ന് ഫലത്തെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല അധികാര നിർവചനമനുസരിച്ച് ഫലം എന്ന് പറയും സ്വർഗം അത് മത അഭിലിത സാധനമാണ് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ഉപായമാണ് സ്വർഗം എന്ന് പറയുന്നത് സ്വർഗം തന്നെ സുഖമാണ് അത് ഇനി മറ്റൊന്നിനും അത് ഉപായമാകട്ടല്ലോ എന്തുകൊണ്ട് സ്വർഗസുഖമാണ് അത് പരിപൂർണ സുഖം അങ്ങനെയാണ് സ്വർഗസുഖത്തെ വ്യാഖ്യാനിക്കുന്നത് ദുഃഖേനു സമ്പിന്നം നിജഗ്രസ്തം അനന്തരം അഭിലാഷ ഉപരീതം ചാത്തപദം സുപദാസ്ഥ അല്പം പോലോടെ ദുഃഖമുണ്ട് മറ്റൊന്നുമായിട്ട് കലർന്നിട്ടില്ല ദുഃഖവുമായിട്ട് അതിനൊരു ഒരു ബന്ധമുണ്ട് അത് സ്ഥിരമാണ് പിന്നെ ആ സുഖം എന്ന് പറയുന്നൊരു സങ്കല്പം കൊണ്ട് പ്രാപ്തമാകുന്ന സുഖമാണ് യത്നത്തിന്റെ ആവശ്യം അപ്പൊ പിന്നെ അവിടെ അധികാരികളെ അവിടെ അധികാരി എന്ന് പറയുന്ന ഒരു വിഷയമേ വരുന്നില്ല ഇവിടുത്തെ അധികാരം നിർവചനമനുസരിച്ചും ഫലത്തിലൊരിക്കലും അധികാരം വരത്തില്ല കർമ്മത്തിലേ വരുത്തണം ഇവിടെ പറയുന്നു പിന്നെ ഇതാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് സാധാരണ കർമ്മവും ഫലമാണെങ്കിൽ തന്നെ കർമ്മത്തിൽ നമുക്കൊരു സ്വാധീനമുള്ളതുമാണ് ഫലത്തില് സ്വാധീനം കർമ്മവും പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് കർമ്മം ഫലത്തെ ആശ്രയിക്കാതെ അല്ല അതടുത്ത് ഭാഷയ്ക്ക് പറയുന്നു അധിഷ്ഠാനം തഥാ കർത്ത കർണഞ്ച പൃഥക്വിധം പൃഥക്ച ദൈവം ചെയ്ത പ്രപഞ്ചം ഒരു കർമ്മത്തിന് ഒരു കർമ്മം അങ്ങനെയൊന്നും ഇല്ല അധിഷ്ഠാനം ഈ ശരീരം കാരണമാണ് തഥാ കർത്ത ജീവൻ അതിന് കാരണ കാരണമാണ് കർത്തൃത്വം ഉണ്ടെങ്കിൽ കാരണങ്ങൾ അതിന് വേണം ഇന്ദ്രിയങ്ങളും മനസ്സും വിവിധാസ പ്രതക ചേഷ്ഠ പ്രാണൻ പ്രാണങ്ങൾ വലിയ സ്ഥാനം കൊടുത്ത് ശരീരാന്തസഞ്ചാരി വായു പ്രാണ അത് തന്നെ പഴയ ഈ ശരീരത്തിന്റെ ഉള്ളിച്ചെന്ന വായു പ്രാണനാണ് പുറത്തിറങ്ങിയത് വായുമാണ് അങ്ങനെയാണ് കൊണ്ടുപറഞ്ഞത് ാണാപാനം ഉദാനം സമാനം ധ്യാനം എന്ത് പേർക്ക് വിളിച്ചാലും ഈ വായു തന്നെയാണ് ദൈവം ചെയ്യുക അത്ര മഞ്ചാണ് ദൈവത്തിന് രാമാനുചാര്യരുടെ അർത്ഥം പറയുന്നത് ഈശ്വരങ്ങൾ ശങ്കരയുടെ അർത്ഥം പറയുന്നത് അതാത് ഇന്ദ്രിയങ്ങളുടെ ദേവതയാണ് ദൈവത്തിന് അമരകോശത്തിൻ്റെ അർത്ഥം പറയുന്നവരോട് ഭാഗ്യം ഭാഗതയും ദൈവം ഇഷ്ടം ഭാഗതയും ഭാഗ്യവും എന്ന് അമരകോശത്തിൽ പറയുന്നത് ഇതെല്ലാം കൂടി ചേരല്ലെ ഒരു കർമ്മം നടക്കത്തും അല്ലാതെ ഒരു കർമ്മത്തിനും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് കർമ്മം സംഭവിക്കുക എന്ന് നടക്കുന്നത് അപ്പോ അതിനേക്കാൾ സഞ്ചരണമാണ് ഫലം കർമ്മഫലം അതിനുമ്പീ സഞ്ചരിക്കണം അതിന് നിരവധി കാരണങ്ങൾ ഒത്തുചേരണം കർമ്മത്തിന് തന്നെ ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുന്നാലും ഒരു പ്രവൃത്തി സാധ്യമാകും ഫലം ും ഒരുപാടിന് അപേക്ഷിക്കുന്നു അപ്പൊ അതിൽ ഒരാൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനതയും ഇല്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അതുകൊണ്ട് പ്രവർത്തിക്കുമ്പോ ഫലം ചിലപ്പോൾ അനുകൂലമായും വരും പ്രകൃതിപൂലമായും വരും എല്ലാ ഘടകങ്ങളും അനുകൂലമായ ഫലം അനുകൂലമായി വരും ഘടകങ്ങൾ എല്ലാം അനുകൂലമായ ഫലം അനുകൂലമാകും എന്തെങ്കിലുമൊക്കെ പ്രതികൂലമായാൽ ഫലവും പ്രതികൂലമാകും അതുകൊണ്ട് കർമ്മത്തിലുള്ള സ്വാധീനം ഫലത്തിലില്ല അങ്ങനെയൊരർത്ഥം പറയുന്നു അതുകൊണ്ട് ഈ പറയുന്നത് ശരിയാണ് പഴയ വ്യാഖ്യാനങ്ങളേക്ക് മറ്റിട്ട് നോക്കിയാലും നമ്മുടെ അനുഭവത്തിൽ നോക്കിയാലും കർമ്മത്തിൽ നോക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഫലത്തിൽ സ്വാതന്ത്ര്യമില്ല ഫലത്തിൽ സ്വാധീനതയില്ല ഫലത്തിൽ നിയന്ത്രണതാണ് ഈ പറയുന്നത് വളരെ യഥാർത്ഥമായ കാര്യമാണ് ഇന്നത്തെ ചുറ്റുപാടുകൾ അതുകൊണ്ടാണ് ഗീതയ്ക്ക് ഇന്നുവരെ പ്രാധാന്യം ഈ ഒരാശയത്തിൽ എല്ലാ കാലത്തെയും ഇങ്ങനെയാണല്ലോ പണ്ട് കർമ്മത്തെക്കുറിച്ചും ഫലങ്ങളത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചാൽ മനുഷ്യരീത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റും ഫലം എത്ര ഫലം നമ്മുടെ അധീനത്തിലായിരിക്കും എപ്പോൾ ചെറുപ്പമായിരിക്കും ചിലപ്പോ അതിനൊരനിശ്ചിതത്വം അതെന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്ന് വൈദിക കർമ്മങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതി കഴിഞ്ഞുള്ളൂ ഇന്നങ്ങനെയല്ല ഏത് കർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞെന്താണ് ഒരിക്കലും നിനക്കാ ഫലത്തിൽ സ്വാധീനം ഇല്ലാത്ത സംബന്ധിതയാകത്തെ എന്ന് പറയുമ്പം പഴയ രീതി അനുസരിച്ച് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് സ്വർഗ പശുവാദി അവിടെ കർമ്മസംബന്ധിയായ ഫലങ്ങളിലും വന്ന് അങ്ങനെ അത് ചിന്തിക്കാൻ കഴിയത്തില്ല അന്നത്തെ ആൾക്കാർ എന്ന് പറയുന്നു അത് സ്വർഗവും പശുവൊക്കെയാണെന്ന് പറയുമ്പോൾ വൈദിക കർമ്മമുണ്ടെന്ന് പറഞ്ഞാൽ അതേ ചിന്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് അങ്ങനെ ഗീതയിലും മുഖ്യമായി അത് തന്നെയാണ് പറയും മറ്റുള്ളവരെ പരാമർശിക്കുന്നു അതാണ് ഞാനിപ്പോ പറഞ്ഞത് ഗീത ഭാരത്തെ അധ്യായത്തിൽ പറയുന്നത് അതാണ് തത്സംബന്ധന അവകുന്ന ധനേഷും കഥാചിത്തെ ഒരിക്കലും അധികാരമില്ല നിനക്ക് തേൻ അത് ശരിയാണ് അവിടെ വ്യാഖ്യാതക മാ നിഷേധമാണ് മാന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയല്ല സുരാമെന്ന പുതിയ മദ്യം കുടിക്കരുത് എന്നതുപോലെ നിഷേധിക്കുക ബ്രാഹ്മണോ നഹന്യ ബ്രാഹ്മണനെ കൊല്ലത് അങ്ങനെയുള്ളൊരു നിഷേധം അങ്ങനെ നിങ്ങളെ നിഷേധങ്ങളുണ്ട് അല്ല അതുപോലെ തന്നെ നിഷേധം ഇല്ല ഇവിടെ പറയുന്നത് എന്താണ് എന്ന് അഭാവം മാത്രം അഭാവമാണ് അഭാവം എന്ന് വെച്ചാൽ അരുതം തന്നെ ഇല്ല എന്നാണ് ബലത്തിൽ നിനക്ക് അധികാരം പാടില്ലെന്ന് എന്താ പറയുക ബലത്തിൽ അധികാരം ഇല്ല അത് സംഭവിക്കും നിഷേധത്തിന്റെ പ്രത്യേകത എന്താണ് ആകാം പക്ഷേ അത് സുര മദ്യം വേണം എന്നാലും കുടിക്കാം പക്ഷേ അത് ചെയ്തിട്ടു ഇല്ല എന്നതിനാൽ എന്താണ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അതാണ് ഇവിടെ മാറ്റങ്ങൾ നിന്റെ സ്വാധീനത്തിൽ അതൊരിക്കലും വരത്തില്ല അപ്പൊ ഇത് ഗുണമുണ്ട് എനിക്ക് പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങ് ടുത്തു പറയുകയുള്ള സിദ്ധ്യസിദ്ധിയും സമൂഹവും അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയും അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കുന്നത് സിദ്ധ്യസിദ്ധികളിൽ ഫലമുണ്ടായാലും ഫലം ഉണ്ടായില്ല കാരണം ഫലത്തിൽ സ്വാധീനമില്ലല്ലോ നിയന്ത്രണമില്ല ചിലപ്പോൾ ഫലം ഉണ്ടാകും ഉണ്ടായി കഴിഞ്ഞാൽ ഹർഷം പാടില്ല വിഷാദവും പാടില്ല ഇതാണ് പ്രവൃത്തിയെ സംബന്ധിച്ച് പ്രവൃത്തിയുടെ ഫലങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിലപാട് മനുഷ്യന് വേണം എന്നുള്ളത് എന്നും ആവശ്യമുള്ള കാര്യമാണ് ഇന്നും ഇന്നത്തെ ഏറ്റവും ആധുനിക മനഃശാസ്ത്രത്തിന് ഇത് തന്നെ പറയുന്നത് ഫലം എങ്ങനെയും സംഭവിക്കാം ഫലം വേണ്ടെന്നിവിടെ പറയുന്നില്ല ഫലമാകാം പക്ഷെ പിന്നെ ഫലത്തെ ത്യജിക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് ഫലത്തെ ഉപേക്ഷിക്കാം പിന്നെ ഫലം സ്വീകരിക്കേണ്ട ഫലങ്ങളായാലും ചെയ്യും അങ്ങനെ വരുന്നിടത്തും ഒരാള് ഹർഷവിഷാദങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല ഹർഷത്തിൽ അയാളുടെ മനസ്സ് മുഴുകിപ്പോയാലും വിഷാദത്തിന് മുഴുകിപ്പോയാലും രണ്ടും അയാൾക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്നത് ഇന്നുങ്ങിയിരിക്കുന്നു അന്നും ഇന്നോക്കം മനുഷ്യരെ ആകരിച്ച് ഒരുപോലെയാണ് അന്നത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെ മനസ്സിലാക്കി നേട്ടങ്ങളുണ്ടാകുമ്പോൾ അമിതമായ ആഹ്ലാദം ഓട്ടങ്ങളുണ്ടാകുമ്പോൾ പരാജയം ഉണ്ടാകുമ്പോൾ വിഷാദത്തിലേക്ക് പോകുന്നു ഇത് പാടില്ല എന്ന് പറയും ഇത്തരം ആശയങ്ങളാണ് ഏത് കാലത്തും നിലനിൽക്കുന്നത് വിചാരിച്ച എല്ലാ ആശയങ്ങളും ഏത് കാലത്തും നിലനിൽക്കുന്നതാണ് ഇത് രീതിയിലും മഹാഭാരതത്തിൽ പല ഭാഗങ്ങളും പറയുന്നവരും മുഖ്യമായൊരാശയം സിദ്ധ്യസികളും സമമായിരിക്കുക ലാഭനഷ്ടങ്ങളും സമമായിരിക്കുക ദേവരാജയങ്ങളിൽ മനസ്സ് സമമായിരിക്കുക പിന്നെ ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും സിദ്ധ്യാസിദ്ധിയെല്ലാം ഭൗതികമായി അനുഭവിച്ചിരിക്കും അതിലൊന്നും മാറാൻ പറ്റില്ല പരാജയങ്ങളിലെ പരാജയം അനുഭവിച്ചിരിക്കും ആ പരാജയം എന്ന് പറയുന്നത് ഭൗതികമായിരിക്കും പലപ്പോഴും ബാഹ്യമായിരിക്കും പക്ഷെ ഇവിടെ പറയുന്നത് സിദ്ധ സദ്യ എന്ന് പറയുന്നത് മനസ്സിന്റെ സമാധാനം ആന്തര്യവും ബാഹ്യമായി എന്താണോ സംഭവിക്കുന്നത് അത് മനസ്സിനെ ബാധിക്കരുത് എന്നാണ് ഇവിടുത്തെ പാട്ട് ബാഹ്യമായി എന്ത് സംഭവിക്കും എന്റെ നിയന്ത്രണത്തിന് അധീനമാണ് എന്ത് സംഭവിച്ചാലും മനസ്സ് ഹർഷവിഷാദങ്ങൾ അധികപ്പെട്ടത് അപ്പോ ഇന്ന് ചിലര് ഈ ആശയത്തെ ചോദ്യം ചെയ്യുന്ന വിഷാദത്തിന് അടിമപ്പെട്ടത് എന്ന് പറയുന്നത് സന്തോഷത്തിനെന്താ ഉഴപ്പം സന്തോഷിക്കുന്നത് ഇന്ന് ആൾക്കാർ പറയില്ല എൻജോയ് ചെയ്യുക ജീവിതത്തെ ആസ്വദിക്കുക അതിനെന്താ കുഴപ്പം അതിനെന്തോ സന്തോഷമുണ്ടോ അടിച്ചുപൊടിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നു പണം സമ്പാദിക്കുക സുഖമായി ജീവിക്കുക എന്താ കുഴപ്പം അപ്പൊ ഗീത എവിടെ ശരിയാവും ഇന്നും മനുഷ്യനവരാണെന്നു എല്ലാവരും പറയുന്നത് എൻജോയ്മെന്റ് പണം സമ്പാദിക്കുന്നതിനും സന്തോഷിക്കാൻ അതിനെന്താ കുഴപ്പം ചോദ്യം ചെയ്യുന്നവരുണ്ട് യുക്തിവാദികളൊക്കെ ഇതിനെ ചോദ്യം ചെയ്യുന്നത് നല്ല പഠിപ്പുള്ള യുക്തിവാദികൾ അവരോട് വീതിയിലേക്ക് ആശയം തെറ്റാണ് ഗീതേ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അവരുടെ വിഷാദം വേണ്ടെന്ന് പറയുന്നത് എല്ലാരും അഭിയും പക്ഷെ സന്തോഷം വേണ്ടാന്ന് പറയുന്നത് ഞങ്ങൾ സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ ഹർഷ അതെന്താ ദോഷം എന്തെങ്കിലും ദോഷം കാണുന്നുണ്ടോ അത് എന്ന് വേണമെങ്കിൽ പറയാം അമിതമാകുന്ന ദോഷങ്ങൾ അമിതമായ ദോഷം കുറച്ച് അമിതമായിപ്പോ ഒരാൾക്ക് സന്തോഷം വരുമ്പോ അയാളെ ചിരിക്കുന്നു പൊട്ടിച്ചിരുത്തന്നു ചാരി കുഴപ്പമില്ല കുറച്ച് കൂടുതൽ സന്തോഷമാണ് തുള്ളിച്ചവട വിചാരിച്ചെന്തെങ്കിലും കുഴപ്പമുണ്ടോ അയാൾ കുഴപ്പമുണ്ട് കാരണം സന്തോഷം എന്ന് പറയുന്നതിനും ഒരാത്തിനാവശ്യം അപ്പോ അമിതമായ സന്തോഷം ഒരാൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ അമിതമായ സന്തോഷത്തിന് വേണ്ടി അതിൻ്റെ ഉപായങ്ങളും അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ആൾക്കാർ പലതിനും അഡിക്റ്റായി സാര രീതിയിൽ സന്തോഷം നല്ല ഭക്ഷണം കഴിച്ചാൽ സന്തോഷം കിട്ടും നല്ല മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ സന്തോഷം കിട്ടും നല്ല വിനോദങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷം കിട്ടും പക്ഷെ എല്ലാ സന്തോഷങ്ങളും അത് സ്ഥായിയായിരിക്കണം എന്നും വേണമെങ്കിൽ അതിനൊരു ഘടകം കൂടെ ആവശ്യമാണ് എന്താണ് ഇത്രയും ഗീത പ്രസംഗിക്കുന്നൊന്നും പറയാമില്ല എല്ലാ സന്തോഷങ്ങൾക്കും അടിസ്ഥാനമായും ഒരു ഘടകം ആവശ്യമാണ് പ്രഭാഷകന്മാരത്തോടെ ഇരിക്കുണ്ടല്ല ആർക്കും ഒന്നും പറയാമില്ല പ്രഭാഷകകളും ഇരിക്ക സാഹചര്യം വേണം അത് ശരിയാണ് പക്ഷേ ഏറ്റവും പ്രധാന ഘടകം മനസ്സ് തെളിച്ചു പറയുക മനസ്സെന്ന് പറഞ്ഞ മനസ്സ് അതിൻ്റെ കൂടെ തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സ് മനസ്സ് അതിനപ്പുറം മാനസികാരോഗ്യം മാനസികാരോഗ്യം എന്ന് പറയുന്നത് മുഖ്യമായൊരു കാര്യമാണ് ഏത് സന്തോഷവും എന്താണ് നമ്മൾക്ക് നിലനിർത്തണമെങ്കിൽ തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ മാനസികാരോഗ്യം നോഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള സന്തോഷം പോരാ അമിതമായ സന്തോഷം വേണം ആ സന്തോഷത്തെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്താണ് ആനന്ദലഹരി എന്ന നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ആനന്ദ ലഹരി എന്നൊക്കെ അങ്ങനെയുള്ള അമിത ആനന്ദം വേണോ എന്ന് ആഗ്രഹിച്ചൊരാൾ ആനന്ദത്തിനു പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യർ പ്രധാനമായിട്ടും മയക്കുമരുന്നു മറ്റ് ലഹരി നോക്കുന്നു അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് അനിയന്ത്രിതമായ ജീവിത മാർഗങ്ങളൊക്കെ സ്വീകരിക്കും അത് ഏത് കാര്യത്തിലായാലും മയക്കുവാറി ജീവിത ശൈലിയാണ് അനിയന്ത്രിതമാകുന്നത് അത് ജീവിതശൈലി എന്ന് പറയാൻ കാരണം എന്താണ് ഒരാൾക്ക് ഡയബറ്റിക്ക് ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയിൽ തന്നെയാണ് ജീവിക്കണം അത് ഇത് മാറാൻ പാടില്ല അങ്ങനെ ജീവിച്ചാലേ ജീവിതത്തിനായാലും ഒരു സന്തോഷമുണ്ടാവും അല്ല ആ ജീവിതശൈലി വിടുകയാണെങ്കിൽ അത് കേവലൊരു മനസ്സിന്റെ നിയന്ത്രണമല്ല നമ്മുടെ എല്ലാ ശാരീരിക ചേഷ്ഠകളുടെയും ദൈനംദിന ജീവിതത്തിന്റെയും നമ്മുടെ പ്രവൃത്തികളുടെയും ആഹാരവിഹാരാദി സർവ്വകാര്യങ്ങളുടെയും ശൈലി അതിനനുകൂലമായിട്ടും ഡയബറ്റീസിന് അനുകൂലമായിട്ട് തന്നെ സന്തോഷമായിട്ട് അങ്ങനെ അല്ലെങ്കിൽ അതിനൊക്കെ പറയും അനാരോഗ്യകരമായിട്ട് എനിക്ക് തോന്നുന്നു മനസ്സിനെ സംബന്ധിക്കുന്ന ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോ ആരോഗ്യംന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വേണം മനസ്സിന് ആരോഗ്യമുണ്ട് ശരീരത്തിന് ആരോഗ്യമില്ല അതും നടക്കില്ല ശരീരത്തിന് ആരോഗ്യമുണ്ട് മനസ്സിന് ആരോഗ്യമില്ലാതെ നടക്കില്ല ആരോഗ്യകരമായ മനസ്സ് ആരോഗ്യകരമായ ശരീരം ആരോഗ്യകരമായ ചുറ്റുപാടും പരിസ്ഥിതി അതും അനു അനുകൂലമായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരാൾ ജീവിച്ചാൽ മാത്രമേ അയാൾക്ക് സന്തോഷത്തെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാത്രമേ പറയുന്നത് പോലെയുള്ള എന്ന് പറയാറില്ല എൻജോയ് ചെയ്യൂ എൻജോയ് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു ഇപ്പോ പുറം ലോകത്ത് ആശ്രമത്തിൽ ഒന്ന് ജീവിച്ചാലും മനസിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടും ആരോഗ്യകരമായി ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ജീവിത വൃത്തി പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളങ്ങനെ ജീവിക്കുന്നു ഞാനീ അടുത്ത കാലത്ത് ഏറ്റവും മോഡേണായൊരു ന്യൂറോ സയന്റിസ്റ്റിന്റെ വീട്ടിൽ അപ്പം എനിക്ക് വളരെ അതിശയകരമായി തോന്നി പുതിയ അറിവുകൾ അങ്ങനെയാണല്ലോ അതി പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ഈ കാര്യങ്ങളും നമ്മൾ സാധാരണ പറയും അതായത് ക്രോധം ഭയം കാമം സന്തോഷം ഉൾപ്പെടെയുള്ള ഇമോഷൻസ് അതിനുള്ള വികാരങ്ങളോഷൻസും ഫീലിങ്സും രണ്ടായിട്ടാണ് പറയും മനുശാസൻസ് ഇതിൻ്റെ കാര്യം ഇമോഷൻസ് ഫീലിങ്സ് എന്ന് പറയുന്ന വേറെ മനുശാസ്ത്ര പറയുന്നു ഇത് ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാം നിയന്ത്രിക്കുക എന്ന് പറയുന്ന നിയന്ത്രിക്കുക എന്ന് പറയുമ്പോ അനുസരിച്ച് ഇല്ലാത്ത പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളതുപോലുള്ള അതുകൊണ്ട് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഇതാണ് അത് നമ്മുടെ വരിക്ക് നിർത്തുക തന്നെയാണ് നമ്മുടെ സ്വാധീനത്തിൽ നിന്ന് നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായും അവര് നിർദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയാമല്ലോ ശരീരത്തിന്റെ ആരോഗ്യത്തെ ശരിയായ രീതിയിൽ നിലനിർത്തുന്ന ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ഇത് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ടത്ര വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു പഴഞ്ചൻ ധാരണ ഇത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചു ഈ പറയുന്നത് സയന്റിഫിക്കാണ് നമ്മുടെ പഴയ ധാരണയെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്താണ് ഭക്ഷണവും വെള്ളവും ഒക്കെ ഇത് പരമാവർക്കമാണ് ഇതൊരു പരമാബദ്ധമാണ് ഇത് അതുകൊണ്ടാണ് ഈ തപസ്സക്ക് വലിയ തപസ് ചെയ്യുന്നവരെല്ലാവരും കുറച്ചു കഴിയുമ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് കുഴപ്പത്തിൽ ചാടിക്കും തപസ് ചെയ്തിട്ടുള്ള ആരുടെ ജീവിതം അങ്ങനെ പരിശോധിച്ചു കുറച്ചു കഴിയുമ്പോൾ അവരൊക്കെ നേരെ ഭക്ഷണം കഴിക്കാൻ അപ്പോ ഈ പട്ടിണികടനം ഉപവസിച്ച് മനസ്സിനെ നിയന്ത്രിക്കാമെന്ന് പറയുന്ന ഒരു പഴയ പഴഞ്ചൻ കാത്തി ഇത് വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് ീ കാര്യം പറയുന്നില്ല അവിടെ പറയുന്നത് എന്താണോ അവിടെ പറയുന്നത് എന്താണ് സാത്വികമായ ഭക്ഷണം കഴിക്കണം അപ്പോ ഇവിടെ പറയുന്ന അതല്ല പറയുന്നത് പോഷക ആഹാരമാണ് പ്രത്യേകം മനസ്സിലാക്കുക പോഷകാഹാരം കഴിച്ചാലേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും മനസ്സിന് വികാരങ്ങള് മനസ്സെന്നല്ല വികാരങ്ങളെ മാനേജ് ചെയ്യണമെങ്കിൽ പോഷകാഹാരം കഴിക്കും ഇതേതുപുഷത്തിൽ പറയും ഉപനിഷത്തിലോ എവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി പറയുന്നത് എന്താണോ സാത്വികമായ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ചിത്തശുദ്ധിയുണ്ടാകും ഇത്രേം പറയൂ അവിടെ പറഞ്ഞ സാത്വികാഹാരം കഴിച്ചാൽ ചിത്തശുദ്ധിയുണ്ടാവും അതിനൊരു ആധ്യാത്മികമായ ഒരർത്ഥമുണ്ട് അത് ശരിയാണ് അല്ലാന്ന് പറയുന്നു ഇവിടെ അങ്ങനെയല്ല പറയുന്നത് സാത്വികാഹാരം എന്ന് പറയുന്ന പേര് പോഷകാഹാരം എന്ന് പറയുന്ന പേര് രണ്ട് രണ്ടാണ് നിങ്ങൾ സാത്വികമല്ല എന്ന് പറയുന്ന ആഹാരത്തിൽ ചിലപ്പോൾ പോഷക ഗുണങ്ങളുണ്ടായിരിക്കും ഇവിടെ പറയുന്ന പോഷകാഹാരത്തെ കുറിച്ചാണ് ആ പോഷകാഹാരം കഴിച്ചു കഴിഞ്ഞാല് ഒരാൾക്ക് തന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റിയൊരു പരീക്ഷണം നടത്തി നോക്കിയാണ് ഇതേത് മനുഷ്യർ പോഷകാഹാരം എന്ന് പറയുന്നതിനെ കുറിച്ചൊരു ധാരണ പോലും ഇല്ലായിരുന്നു പണ്ട് ഒരാഹാരത്തിൽ തിരിച്ച് എന്താണ് സാത്വികം രാജസം താമസം പോഷകവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല അന്നും മനുഷ്യനും ആഹാരത്തിലെ വൈറ്റമിൻസിനെ കുറിച്ചോ മിനറൽസിനെ കുറിച്ചോ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അത് സാത്വികം എന്ന് പറയുന്നത് എന്താണ് സനിഗര രസ്യ ഹൃദ്യ ഇതൊക്കെയാണ് പറയുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളത് നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെയാണ് സാത്വിക പറയുന്ന കാഴ്ചപ്പാടല്ല ഇവിടെ പറയുന്നത് പോഷകാഹാരം പിന്നെ പഴയകാലത്ത് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് അന്ന് പോഷകാഹാരങ്ങൾ വളരെ വേദങ്ങളിലൊക്കെ ആഹാരത്തിന്റെ ദൗർലഭ്യത്തെ കുറിച്ചാണ് പറയുന്നത് അന്നം ബഹുപുർവീത നമ്മൾ അന്നത്തെ ഉണ്ടാക്കും കാരണം അന്നമില്ല അന്നം വലിയ പ്രശ്നമാണ് ഇനി അടുത്ത കാലം വരെ അന്നം വലിയ ബുദ്ധിമുട്ടായിരുന്നു ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗിച്ചപ്പോഴാണ് മനുഷ്യന്റെ ഭക്ഷ്യ ഭക്ഷ്യ ദൗർലഭ്യവരെ പരിഹരിച്ചത് മനുഷ്യൻ കൂടിയിട്ടും ഭക്ഷണം കുറഞ്ഞില്ല അതിനനുസരിച്ച് ഭക്ഷണം കൂടി പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ സംഭവിച്ചു അപ്പോ പുതിയ ജനസംഖ്യ കൂടി ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ മനുഷ്യർ പട്ടണ കിടന്നും പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പേ ഇരുപത്തിന്റെ ഒരു അമ്പത് വർഷം പ്രവചിച്ച ചില ആൾക്കാർക്ക് ഉണ്ടാക്കി പക്ഷെ ഒന്നും സംഭവിച്ചല്ല മനുഷ്യൻ എന്താണ് ഓപ്പറേഷൻ കൂടിയതിനനുസരിച്ച് മനുഷ്യന് ഭക്ഷണവും കൂടി എന്തുകൊണ്ടാണ് ആ ഭക്ഷണം കൂടിയത് ഉണ്ടാകാറ് സയൻസ് എങ്ങനെ ഭക്ഷണമുണ്ട് അങ്ങനെ അദ്ദേഹം എന്താണ് ജീവിത ഭക്ഷണം ഇത്രയും പര്യാപ്തമായ ഭക്ഷ്യ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എന്താണ് ഫെർട്ടിലൈസേഴ്സിന്റെ കണ്ടുപിടുത്തം രാസവളം യാദർശികമായിട്ടാണ് കണ്ടുപിടിച്ചതെങ്കിലും യുദ്ധാവശ്യത്തിന് വേണ്ടി കണ്ടുപിടിച്ച സാധനം നമുക്ക് ബോംബുണ്ടാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനം പക്ഷേ അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രധാന കാരണം ബാക്കിയൊക്കെ പിന്നീട് വരുന്നത് ലോകത്ത് ധാന്യങ്ങളുടെ ഉത്പാദനം അപ്പോ അത് അതി അനിയന്ത്രിതമായി ഉപയോഗിച്ചപ്പോൾ അതുകൊണ്ട് ദോഷങ്ങളും ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം പക്ഷെ അതാണ് നമ്മുടെ ഭക്ഷ്യ ഉത്പാദനം കൂട്ടിയത് രാസവണമെന്നു പറഞ്ഞു പിന്നെ അതൊന്നും മനസ്സിലാക്കാതെ എന്താണോ ദൈവകൃഷി എന്നൊക്കെ പറഞ്ഞ് ഓയം ഞാൻ വീണ്ടും മനുഷ്യൻ പട്ടിണികളൊന്നും പറ്റി വെറുതെ സംബന്ധിച്ച് മനുഷ്യന്റെ ഈ ധന്യോത്പാദനം എന്ന് പറയുന്നത് അത് നിയന്ത്രിതമായ രീതിയിൽ ഉപയോഗിക്കാതെ ഭാവിയിൽ സാധിക്കുന്നു അത് മറ്റൊരു അപ്പോൾ ഇന്ന് പലരും അതിനെക്കുറിച്ച് പറയുന്നു ദൈവ കൃഷി ദൈവ കൃഷി ഏതും അമിതമായ ഉപയോഗം ദോഷിക്കുന്നു അമിതമായി ഉപയോഗിക്കേണ്ടതാണ് അപ്പോ അത് ഞാൻ ഈ അടുത്ത പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാല് മനസ്സിന്റെ നീന്തുന്നുണ്ട് അപ്പോ ഇത് ശരിയാണ് ഞാൻ നോക്കിയത് നമ്മുടെ പഴയ നമ്മൾ പറഞ്ഞിട്ടുള്ള ആളെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പറയുകയാണ് എന്റെ ജോലി പഴയ നമ്മുടെ പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മിക്കവാറും ഋഷിന്മാരെല്ലാവരും തന്നെ കൺട്രോൾ പോയവരാണ് അങ്ങനെ അല്ലാത്ത ഋഷിന്മാരെ ഞാൻ പലരും നോക്കും ഏറ്റവും ഞാൻ പറയുന്നത് അതേ അതീ വർണ്ണിക്കുന്ന എല്ലാവരും നിയന്ത്രണം വിട്ടു പോകുന്നവരാണ് ഇന്നത്തെ ഒരു സാധാരണ മനുഷ്യന്റെ അത്ര പോലും നിയന്ത്രണം വസിഷ്ഠന്റെ കാര്യം നില എടുക്കുക വശിഷ്ഠൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് ഓടി നടന്ന ഒരു കാര്യമുണ്ടെന്നാണ് വസിഷ്ഠന്റെ ജീവിതത്തിൽ പോയി അതുകൊണ്ടാണ് വിഷാദം കൊണ്ടാണ് വിഷാദം കൊണ്ടാകുന്ന ഒരാൾക്ക് ആത്മഹത്യ വിഷാദം ഉണ്ടാകുന്ന കാരണം മക്കളൊക്കെ മരിച്ചു മിക്കവാറും ഏത് ഭരദ്വാരെഴുത്താലും മറ്റേ ആളെഴുത്താലും എല്ലാവരും ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ അനിയന്ത്രിതമായി പെരുമാറുന്നതായിട്ടാണ് പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീ ഋഷിമാരും കുറവാണ് പുരുഷ ഷിമാർ അവർ സ്ത്രീകളോട് മോശമായി പെരുമാറുക ഇതൊക്കെ പുരാണങ്ങളിൽ ധാരാളങ്ങളാണ് എന്നിവരെ നമ്മൾ തപസ്യങ്ങളാണ് പസ് ഈ വിശ്വാമി എത്ര കടുത്ത തപസയായി പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ കൺട്രോൾ കുറുപ്പിന്റെ ഈ തപസ് എന്തുകൊണ്ടെങ്കിൽ സംഭവിക്കരുത് പോഷകാഹാരക്കുറവെങ്കിലും ഞാൻ നോക്കിയിട്ട് ഇന്നത്തെ ആധുനികമായ പഠനം വെച്ച് നോക്കും ദേഷ്യം തോന്നി സനാതനധർമ്മത്തെ ആക്ഷേപിക്കുകയല്ലോ പഠിച്ച കാര്യം പറയൂ ഓരോ രക്ഷിമാരെയായിട്ട് എടുത്തു പോകുന്നുണ്ടോ എല്ലാവർക്കും പ്രശ്നമാണ് ഈ പറയുന്നത് ശരിയാണ് നിങ്ങൾ ഒരുപാട് പട്ടിണി കിടക്കുകയും വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് ഞാൻ പണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിനൊരു തെളിവ് കൃത്യമായി കിട്ടിയത് സയന്റിഫിക് എവിഡൻസ് കിട്ടിയിട്ടില്ല അത് കൃത്യമായി ഒരാൾ പഠിച്ചിട്ട് പറയും പഠിച്ചു പറയുക ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞ കൃത്യമായി അതിനെ കുറിച്ച് പറയും അപ്പോ എന്താണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുക ഇതൊക്കെ സ്വാധീനത്തിൽ വരിക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത് കർമ്മത്തിൽ പോലും പലതിൻ്റെയും സ്വാധീനമുണ്ട് കർമ്മഫലത്തിൽ വേണ്ടത്ര സ്വാധീനമില്ല അതിൽ ആ ഫലം സ്വർഗം അതൊരു സ്വാധീനമില്ല മനുഷ്യൻ പൊതുവെ സുഖം എന്ന് പറയുന്ന ഒന്ന് ആ സുഖമൊന്നു വരുന്ന ഹർഷം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് എന്നുള്ള രീതി മാറുമ്പോൾ വിഷാദം എന്തായാലും പ്രശ്നമുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാം ഹർഷം അതിനെന്തിനാണ് ഇവിടെ നിഷേധിക്കുന്നത് എന്ന് ചില വ്യക്തിവാദികൾ ചോദിക്കുന്നു അതായത് ജീവിതത്തിൽ എൻജോയ് ചെയ്യാവുന്ന ആസ്വദിക്കാവുന്ന രീതിയിൽ അതിനെ കൂടെ നിഷേധിക്കുന്നല്ലോ എന്ന് പരാതി പരാതി പറയുന്നില്ല അതിനെ അവർ ചോദ്യം ചെയ്യുന്നു അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുപോയി ഹർഷം എന്ന് പറയുന്നതിനും ഒരു അതിരാവശ്യമാണ് ഇല്ലെങ്കിൽ അത് എന്ത് പറഞ്ഞു അത് മനസ്സിന്റെ ആരോഗ്യത്തെ ശരീരത്തിന്റെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കും അതുകൊണ്ടാണ് കൂടുതൽ ഭർഷത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെന്തെയോ ആനന്ദം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ആഹാര വിഹാരങ്ങളിലെല്ലാം മിതത്വം പാലിക്കാതെ അമിതമായി എനർജി അന്ന് ഞാൻ ഡയബറ്റിക്സിന്റെ ഉദാഹരണം പറഞ്ഞു അപ്പം അവിടെ എന്താണ് ഒരു മിതത്വ ആവശ്യം അതിനെ മാനേജ് ചെയ്യാമെന്ന് വലിയ പ്രധാനപ്പെട്ട കാര്യം ഇല്ലെങ്കിൽ ഇത് ക്രമേണ ജീവിതത്തിൽ ഒരു സുഖത്തിന്റെ ഒരു നൈരന്തര്യത്തെ നഷ്ടപ്പെടുത്തിക്കളും നമുക്ക് സ്ഥിരമായി സുഖത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല മനസ്സിനാരോഗ്യ നമുക്കറിയാം മനസ്സിന് ആരോഗ്യമെങ്കിൽ മനസ്സിന് വിഷ്ദത്തിലേക്കില്ല മനസ്സിനാരോഗ്യമില്ല ശരീരത്തിനും ആരോഗ്യം വേണം അതിനാണ് ഡയബറ്റീക്സ് എന്നുള്ളത് എന്റെ അനുഭവങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മിതത്വം ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ഭർഷം കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ മദ്യത്തിലും അമിതമായ ഭോഗ കൊണ്ട് അതിന്റെ പുറകെ പോകും അത് അമിതമായി കഴിഞ്ഞാൽ ഉറപ്പാണ് ഏത് കാലത്തും ഹർഷം അമിതമായി കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും ഗീതിയിൽ പറയുന്ന ഹർഷത്തിലും വിഷാദത്തിനെയും രണ്ടിലെ സമത്വം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്താൻ പറ്റൂ എന്നാണ് എന്ന് കാര്യം ഇക്കാലത്ത് ചോദിക്കുന്ന പഴയ കാലത്ത് പശുവും പുത്രനും അങ്ങനെയൊക്കെയാണെങ്കിലും പഴയകാലത്ത് വ്യാഖ്യാനം ചെയ്തു ആശയം പറയുന്ന ഏത് കാലത്ത് മനുഷ്യനും വേണ്ട മാനസികാരോഗ്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാനസികാരോഗ്യം എന്താണ് ഇമോഷണൽസിനൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നതിന് ഈ പോഷകാഹാരം വേണമെന്ന് എന്താ അവർ പറയാനുണ്ട് മോഡേൺ റിസർച്ച് അങ്ങനെ പറയാൻ കാരണം എന്താണ് കാരണം അവർ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പോഷക ആവശ്യമാണ് അതാണ് കാരണം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കത്തില്ല അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലാന്നുകയും നമ്മുടെ ഇമോഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പം ജീവിതം ആസ്വദിക്കാനുള്ളതാണോ അടിച്ചു പൊളിക്കാനുള്ളതെന്ന് വിചാരിച്ച് നമ്മൾ മിതത്വ ശരിക്കാതിന്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആനന്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു വഴികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം നശിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സുഖം കൂടെ നഷ്ടപ്പെടും അതും നഷ്ടപ്പെട്ടു ഈ ലഹരിക്കൊക്കെ അടങ്ങിയാവുന്നവർ വെറുതെ അടിഞ്ഞാകുകയല്ല ലഹരി എന്ന് പറഞ്ഞാൽ ആനന്ദ ലഹരിയാണ് എന്ന് പറയുന്ന വാക്കെന്നെ വരുന്ന അതിൽ അവരനുഭവിക്കുന്ന ആനന്ദത്തിന്റെ ലഹരിയാണ് പലരും മയക്കുകളൊക്കെ ഉപയോഗിച്ച് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വലിയ ആനന്ദമാണ് ശരിയാണ് പക്ഷമെന്ന് ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ വരും ജീവച്ഛങ്ങളായി ജീവിക്കുന്നു അതുകൊണ്ടവർക്ക് ആനന്ദം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അനിയന്ത്രിതമായ വികാരങ്ങളുണ്ടാവും അതുകാരണം ബ്രെയിൻ ഇല്ല ആരോഗ്യം ഇമോഷൻസ് ഭയം പ്രോസം തുടങ്ങിയ വികാരങ്ങൾ ഒരു നിയന്ത്രില്ലാതെ പോലും മനസ്സിന്റെ ആരോഗ്യം നശിക്കുന്നു ശരീരത്തിന്റെ ആരോഗ്യം നശിക്കുന്നു സമൂഹത്തിൽ ഒരു പ്രശ്നത്തരായി മാറുന്നു അക്രമാസക്തരായി മാറുന്നു അങ്ങനെയുള്ളവരാണ് അമേരിക്കയിലൊക്കെ പോക്കെടുത്തുകൊണ്ടൊന്ന് വിടിയത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലഹരിക്കടയപ്പെട്ടവരാണ് മനുഷ്യൻ്റെ രണ്ട് ലഹരിയാണ് ഈ രണ്ട് ലഹരി അപകടം ഉണ്ടാക്കുന്നതാണ് ഒരു ലഹരി മദ്യം മയക്കും വരുന്ന മറ്റൊരു ലഹരി മതമാണ്ത്തിന്റെ ലഹരി കളിവെട്ടാലും മനുഷ്യന് അക്രമാസക്തനാണ് ഉദാഹരണമാണ് ഇപ്പൊ നൈജീരിയയില് സംഭവിച്ചു നൈജീരിയയില് ഒരു ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുണ്ട് ബൊക്കോഹാറാണ് അവർ ഓരോ വർഷവും മൂവായിരം നാലായിരം വീതം കൊന്നുകൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേര് ക്രിസ്ത്യാനികളെല്ലാം കൊണ്ട് എന്നിട്ട് അവിടെ ഉമ്മത്ത് സ്ഥാപിന്ന് ഇസ്ലാമിക സാമ്രാജ്യ തീവ്രവാദമാണ് മോട്ടർ പ്രതി എ കെ വരും ഒരു ഗ്രാമത്തിൽ ചെന്നു അവിടെ കാണുന്നവരെയൊക്കെ വെടിവെച്ച് കൊണ്ടും തിരിച്ചു ഒരു നാലായിരത്തോളം പള്ളികളവരെ അവിടെ നശിപ്പിച്ചു പേരെ അവരുടെ പള്ളിയുണ്ട് മതം അത് തീവ്രവാദം ഏത് മതമായി തീവ്രമായിട്ട് അലങ്കരിച്ച് അവർ തീവ്രവാദികളാണ് എന്റെ മതമൊന്നും ആ ഒരു മതം ഉദാഹരണമായി പറഞ്ഞത് ഈ രണ്ട് ലഹരികളാണ് മതം ഒരു ലഹരി മറ്റൊന്ന് ഈ മയക്കും രണ്ടു മനുഷ്യനും വളരെ അപകടകരമാണ് മനുഷ്യന്റെ സുവിധ ജീവിതത്തെ നശിപ്പിക്കുന്നു കാര്യങ്ങളിപ്പോ അതുകൂടെ പറയാൻ മെസ്സേജ് ചെയ്ത് അതുകൊണ്ട് ഈ പറയുന്നത് എന്താണ് വിഷാദത്തിൽ മാത്രമല്ല ഭർഷത്തിലും ഭക്ഷത്തെയും അനുമാനിക്കും അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറുക്ക് വഴികളൊന്നും കേടരുത് തേടിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ നശിപ്പിക്കും അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളെല്ലാം മാന്യമായ രീതിയിൽ നിയന്ത്രിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോഷക സമൃദ്ധമായ ആഹാരമൊക്കെ കഴിച്ച് അമിതാഹാരമല്ല പോഷക സമൃദ്ധമായ ആഹാരം എന്ന് വെച്ചാൽ അമിതാഹാരമാണ് ആഹാരം വിട്ടുള്ള വെള്ളം കുടിക്കാതെയുള്ള തപസിലൊന്നും പോകാതെ അതുകൊണ്ടെന്തോ സാധിക്കാവുന്ന വിദ്യാധാരണകളെല്ലാം ഗീതയൊക്കെ ഇങ്ങനെ പഠിച്ച് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു നമ്മുടെ മനസ്സിനെ കുറച്ച് ഒന്നേ പറയാൻ പറ്റും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ മനസ്സിന് നിയന്ത്രണത്തിലാവും എനിക്ക് അഭിപ്രായം ഗീതയൊക്കെ വായിക്കുകയും പഠിക്കുകയും ഭാഷ്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്താലും ഇതിന്റെയൊക്കെ ശരിയായ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതിന് കാലതാമസം ഉൾക്കൊണ്ടല്ലേ അത് നടപ്പിലാക്കാൻ പറ്റും ഇത് ഉൾക്കൊള്ളുക എന്ന് വെച്ചാൽ നിരന്തരമായ പരിശ്രമത്തിലൂടെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും വായിച്ചു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടോ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ ആശയം ഇപ്പോൾ വന്നു അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാലം ആവശ്യവും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന തരത്തിൽ നമ്മുടെ വികാരങ്ങളിലേക്കും വേണ്ട ഒരു അതുകൊണ്ട് ഇതെല്ലാം പരിഗണിക്കണം എന്തായാലും ഈ കഠിന തപസ് എന്ന് പറയുന്നത് അസ്ഥർ ഉണ്ടാകുന്ന തപസ്സിനെ ഗീതയിലും നിഷേധിക്കും പക്ഷേ എന്റെ ശരീരസ്ഥം ഭൂട്ടത്തിലാവും അചേതസ്വാമാൻ ചെയ്യുവാനുള്ള ശരീരസ്ഥം താൻ വിധ്യാസുരം നിശ്ചയി ആസുര തപസ് അതിന് ഗീതേനും നിഷേധിക്കും ഇവിടെ പറയുന്നത് എന്താണോ ഫലേഷ് അതിലും ആഗ്രഹം വേണ്ട അത് ഞാൻ ഇങ്ങനെ തപ്പ് വേണമല്ലോ എവിടെയാണ് ഹിന്ദു അഭാവം മാത്രം പോകും മേദിന ദിശയിലി തുഭാവം മാത്രമാണ് എന്നൊക്കെ ഒരിക്കലും അതിന് ഫലത്തിൽ നിന്ന് നിനക്കൊരു അതില്ല അല്ല അരുതൽ എന്ന് പറയും ഫലത്തിൽ നിന്ന് നിനക്ക് അധികാരം പാടില്ലെന്നാണ് പറയുന്നത് അത് അങ്ങനെ ഒരു അധികാരം ഇല്ലെന്നുള്ളതാണ് ചിലപ്പം നമുക്കത് പ്രവർത്തിക്കാൻ അനുകൂലമായി വരും ചിലപ്പോൾ പ്രതികൂലമായി വരും ഏതരത്തിലത് സംഭവിക്കാം എന്നതാണ് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് വിചാരിച്ച് ശരിയായ രീതിയിൽ പ്രിപ്പറേഷൻ വേറെ ലക്ഷം ഫസ്റ്റ് റാങ്ക് പ്രിപ്പറേഷൻ എല്ലാം കറക്റ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നൊന്നുമില്ല ചിലപ്പോൾ കിട്ടിയില്ലൊന്നുമില്ല അത് ഉറപ്പില്ല അതാണ് കാണുന്നത് നടക്കണമെന്നൊന്നുമില്ല നടന്നും വരാം അതിലും ഒരു അനിശ്ചിതത്വം ഉണ്ട് എന്നുള്ള സംഭവിക്കില്ല എന്നുള്ളതല്ല സംഭവിച്ചാലും ഇവിടെ പറയില്ല എന്നാണ് അത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണം കൊണ്ട് സംഭവിക്കുന്നതല്ല മറ്റു പല ഘടകങ്ങളും ഒത്തു വരുമ്പോ അത് സംഭവിക്കുന്നവിടെ പറയുന്നത് ആ ഞാൻ ആഗ്രഹിച്ചതിനെല്ലാം നേടി എന്ന് പറഞ്ഞാൽ ഒരുപാടെ ഒരു ബിസിനസ് ചെയ്തു മുകേഷ് അംബാനി വിജയിച്ച് എല്ലാം അയാളുടെ സാമർഥ്യം കൊണ്ടാണ് ഒരിക്കലും അല്ല അയാളെക്കാളും സാമർഥ്യമുള്ള ഒരു ബിസിനസ് എടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ട് അത്ര വലിയ സമ്മർദ്ദമൊന്നും ആയിരിക്കണമെന്നില്ല അയാളെക്കാളും ഒരു പരാജയപ്പെട്ടു അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത് അപ്പോ ഈ ചെയ്യുന്ന ആളുകളെ അറിയാമയ്യാത്ത എന്തോ ചില ഘടകങ്ങൾ ആ ഫലത്തെ സ്വാധീനിക്കുന്നത് ആയതും അറിയാം അത്തരം ഘടകങ്ങൾ സ്വാധീനിക്കാതിരിക്കുമ്പോൾ എത്ര സാമർഥ്യം പ്രയോഗിച്ചാലും വിജയിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് പ്രവർത്തിക്കരുതെന്ന് അർത്ഥമുണ്ട് അപ്പോ മനുഷ്യന്റെ സാമർഥ്യം കൊണ്ട് മാത്രം ആണ് വിജയിക്കുന്നത് എന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ സാമർഥ്യമുള്ള എല്ലാവരും വിജയിക്കും അത് കഴിയില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ വിജയിച്ചവൻ സാമർഥ്യം കൊണ്ടാണെന്ന് പറയാനും പറ്റില്ല ഫലത്തെ എന്തൊക്കെയോ സ്വാധീനം നമുക്കറിയാൻ വയ്യാർ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ് അഭാവം ഫലത്തിലൊരിക്കലും അധികാരമില്ല എന്ന് മനസ്സില് മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല ഇന്നും അങ്ങനെ തന്നെ പണ്ട് തോന്നെ എന്തായാലും അവർ പറയുന്നത് മോക്ഷമിച്ചതോ ബന്ധുരൂപ ഫലഭിഷ അഭിലാഷ ഇവിടെ പിന്നെ എല്ലാം എന്താണ് ഇന്നിപ്പോ ഗീതയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ പൊതുവെ എല്ലാ ആധ്യാത്മികതയും മോഷ്ടത്തെ ഉദ്ദേശിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല മോക്ഷം കിട്ടുമോ എന്ന് പറഞ്ഞ ഗീതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതും കേൾക്കാൻ ആരംഭിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ ജീവിതത്തിൽ ഉപകരിക്കില്ല എന്തെങ്കിലും ഇതിലുണ്ടോ എന്നാൽ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് ഭൗതികമായ നേട്ടം എന്തെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് ആധ്യാത്മികത ആൾക്കാരിൽ സമീപിക്കുന്നത് മ്മയെ കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്നു ഇത് ആരെങ്കിലും മോക്ഷത്തിന് വേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ചോദിച്ചെന്താ സംശയം കൊണ്ടാണ് നിങ്ങളാരും കാണാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം നിങ്ങൾ മോശക്കാരിയും പറയുന്നതല്ല കാരണം മോക്ഷത്തിന് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് പറയുക നിങ്ങളി ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മോക്ഷം വേണം അങ്ങനെയാണ് ഞാൻ പറയുന്നത് അതാണ് മനസ്സിലാക്കുന്നത് മോക്ഷം വേറൊന്നും വേണ്ട മോക്ഷം ശരി എന്നാൽ മോക്ഷത്തിന് വേണ്ടിയാണെങ്കിൽ ഇനി ഇന്നത് ചെയ്യുക പറയു ഇന്നത് ചെയ്യുക എന്ന് പറയണം പറഞ്ഞാൽ കൃത്യമായ അനുസരിച്ച് അത് ചെയ്യും മോക്ഷത്തിന് വേണ്ടിയാണെങ്കിൽ അത് ചെയ്യാൻ കാരണം ഇന്നത് ചെയ്യൂന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് സമ്മതിക്കും ചെയ്യുക അന്ന് ചെയ്യുന്ന നമ്മുടെ സൗകര്യത്തിനായിരുന്നു അപ്പൊ മോക്ഷത്തിന് വേണ്ടിയും എല്ലാവരും സമീപിക്കുന്നത് എന്താണോ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗുരുവിനെ സമീപിക്കുന്നായാലും ശരി ആത്മീയതായാലും ശരി അല്ലാതെ മോക്ഷത്തിനു വേണ്ടി ഇന്നു വാര്യതിനു വേണ്ടി അറിയിക്കില്ല ഇന്നങ്ങനെയാണ് അപ്പോ പക്ഷെ പഴയ കാഴ്ചപ്പാട് ഇതാണ് മോക്ഷത്തിന് വേണ്ടിയാണ് സിദ്ധ്യസിദ്ധിയോ സമൂഹവും വർഷ വിഷവാദങ്ങളിൽ തുല്യമായിരിക്കണോ എന്ന് പറയുന്നതിന് വേണ്ടി മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് മനുഷ്യർ പറയുന്ന അതല്ല ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇവിടെ ജീവിക്കാൻ ഇങ്ങനെ സമത്വമൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ട് എന്റെ വികാരങ്ങളെയൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ ഇത്രയും മനുഷ്യൻ ചിന്തിച്ചപ്പോൾ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ഇനി കൂടെ പറയുന്നതിൽ നൈമോക്ഷ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവന് ബന്ധ രൂപഫലാഭിലാഷം ബന്ധമെന്ന് പറയുന്നു ആ ഫലം അതിന് ആഗ്രഹം വരുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തദ് പരിത്യാഗ പൂജിത്ത അതുകൊണ്ടെന്താണ് മോക്ഷഹേതു പരിത്യാഗ പൂജിതം അല്ല സമത്വം മനസ്സിന്റെ സമത്വം അത് മോക്ഷഹേതുവായിട്ട് പറയും മോക്ഷത്തിനുവേണ്ടി മനസ്സിന് സമത്വം വേണമെന്നാണ് അല്ലാതെ ഇവിടെ ജീവിക്കാൻ വേണ്ടിട്ട് രാമാനുചാര്യ മോക്ഷം എന്ന് പറയുമ്പോഴും മരണശേഷമുള്ള മോക്ഷമാണ് ശങ്കര എന്ന് പറയുന്ന പോലെ ജീവിച്ചിരിക്കുമ്പോഴുള്ള മോക്ഷം